പൂർവക്ഷം പറയുന്നത് എന്താണ് എല്ലാ കടങ്ങളും വീട്ടിയതിനു ശേഷമേ സന്യസിക്കാവൂ സന്യാസിയാകും സിദ്ധാന്തി എന്താ പറയുന്നത് അങ്ങനെയില്ല ചിത്തശുദ്ധി വന്നവന് വൈരാഗ്യം ഉണ്ടാകും കഴിഞ്ഞാൽ സന്യസിക്കാം കാര്യങ്ങളോട് പറയുന്നത് എന്തുകൊണ്ട് ഇത് രഥാ ബ്രഹ്മചര്യാവ സന്യാസി എന്ന് പറയുന്നുണ്ട് നാരദപരിപ്രാജ ഗോപുക്ഷത്ര ഈ പറയുന്നുണ്ട് ഗുരുഹാത്മ വനാത്മാനപ്പസത്തിൽ നിന്നോ ഗൃഹസ്ഥാശുരത്തിൽ നിന്നോ ഒക്കെ സന്യാസിക്കും അതെല്ലാം വൈരാഗ്യമാണ് പ്രധാനമായിട്ടും പിന്നെ ജ്ഞാനവും അതും പറയും ജ്ഞാനം സന്യാസ ലക്ഷണം ജ്ഞാനത്തിന്റെ അടയാളം തന്നെ എന്താണ് സന്യാസമാണ് അതിൻ്റെ അടയാളം പിന്നെ ജരാമര്യവാദോ ഭസ്മാന്തതാവാദോ അന്ത് കർമ്മാൻ അവിതഷപ്രതി ജരാമരിയമ്മ ഏത് സത്രം ഇത് അഗ്നിഹോത്രം സത്രം എന്ന് വെച്ചാ മരണം വരെ ചെയ്യേണ്ട കർമ്മമാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത് ജരാമര്യം എന്നാണ് ജര പിടിപെട്ട് മരണപര്യം തോന്നുന്നതാണ് ജരാപര്യത്തിന്റെ അർത്ഥം അപ്പോ അഗ്നിപോത്രം അതുവരെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ജലാമര്യം അതിനാണ് ജലാമരിയവാദം എന്ന് പറയുന്നത് ജലയും മരണവും ബാധിക്കുന്നത് വരെ അഗ്നിപോത്രം ചെയ്തുകൊണ്ടിരിക്കുക ജലാമര്യവാദം എന്ന് പറയും തൈത്തരി ആരണ്യ കത്തി പറയുന്നതാണ് പിന്നെ ഭസ്മാന്തതാവാദം യവജ്ജീവം അഗ്നിഹോത്രം ചോദി മരിക്കുന്നതുവരെ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയും ഭസ്മാന്തം എന്ന് വെച്ചാൽ മറന്നു അവിടെയും സന്യാസം ഇവിടെയൊക്കെ സന്യാസത്തെ നിഷേധിക്കുകയാണ് ഇതിനും പറയുന്നത് എന്താണ് ഇതിനെ ഭസ്മാന്തതാവാദവും പിന്നെ അന്ത്യേഷ്ഠി ആണ് യജ്ഞാത്ര ദഹന്തി അഗ്നിഹോത്രി മരണം വരെ അഗ്നിഹോത്രം ചെയ്യണം മരിച്ചു കഴിഞ്ഞാൽ അവൻ യജ്ഞത്തിനുപയോഗിച്ച എല്ലാ സാധനങ്ങളും നെയ്യ് കോരി വഴിക്കാൻ ഉപയോഗിച്ച കരണ്ടി മുറം നെല്ലടിക്കാൻ ഉപയോഗിച്ച ഒലക്ക എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം തല മുതൽ പാദമ്പരയുള്ള ഭാഗങ്ങളിലതിനെ വയ്ക്കണം വച്ചിട്ട് കത്തിക്കും ഇതാണ് അന്ത്യേഷ്ഠി കർമ്മം എന്ന് പറയുന്നത് പിന്നെയാണ് അന്ത്യ ഇഷ്ടി എന്ന് പറയുന്നത് അന്ത്യമായ ഇഷ്ടി അവസാനത്തെ യജ്ഞമാണ് അതുവരെ ചെയ്തുകൊണ്ടിരുന്നു അവസാനത്തെ യജ്ഞം അവനെ വെച്ച് മറ്റുള്ളവർ ചെയ്യും മറ്റു പുരോഹിതം വന്ന് ചെയ്യും പിന്നെ ഈ പറയുന്ന കാരെ സംബന്ധിച്ചാണ് ബ്രാഹ്മണനാണ് അത് പ്രത്യേകം മനസ്സിലാക്കിക്കും പ്രകൃതിയെർക്കെന്ന് വെച്ചാൽ ബ്രാഹ്മണൻ മാത്രം Karma karma jadan avidusha, അവർക്ക് വേണ്ടിട്ട് ഏതൊക്കെ പറയും കർമ്മജടാൻ അവിതുഷം എന്നുവെച്ചാൽ എന്താണ് കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ിൽ എല്ലാവർക്കും അങ്ങനെയല്ല സന്യാസം എന്ന് പറയുമ്പോ അത് വേറെയാണ് അവൻ അവിദ്വാനല്ല നെയ്താദൃശം ബ്രാഹ്മണ സാസ്തിത്തം യഥാ ഏകതാ സമത സത്യതാജ ശീലം സ്ഥിതി ദർജവം ഇങ്ങനെ ബ്രാഹ്മണൻ എന്തു ചെയ്യുന്നു കർമ്മങ്ങളിൽ നിന്നെല്ലാം ഉപരമിക്കുന്നു അതാണ് സന്യാസി ഇവിടെ പറഞ്ഞത് കർമ്മ ജഡാൻ അവൻ ക്രിയകളിൽ നിന്നും ഉപരമിക്കുന്നില്ല ബ്രാഹ്മണന്റെ പ്രത്യേകത എന്താണ് ബ്രാഹ്മണൻ സാധ്യത ഇതിലും വലിയൊരു വിത്തം ബ്രാഹ്മണനില്ല എന്തൊക്കെയാണ് ബ്രാഹ്മണന്റെ സമ്പത്ത് ഏകത സമത്വബുദ്ധി സത്യത സത്യത്വബുദ്ധി ശീലം നല്ല ശീലങ്ങൾ സ്ഥിതി സ്ഥിരത ദണ്ഡനിധാനം അഹിംസ ആർജവം ഇതാണ് ബ്രാഹ്മണന്റെ വിത്ത് അങ്ങനെ ക്രമേണ ക്രമേണ ഈ ശീലങ്ങളെല്ലാം ശീലിച്ചു വന്ന് ഈ സ്വഭാവത്തോടു കൂടി വന്നിട്ട് ഉപരമക്രിയാ ക്രിയകളിൽ നിന്നെല്ലാം ഉപരമിക്കണം അപ്പോ ശരിക്കും ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് വയ്പ് ശരിക്കും പക്ഷെ ഒരു ബ്രാഹ്മണന് ഇങ്ങനെ ആകാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ശരിയായ ഇങ്ങനെ ആകാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് സാധുപ്രവണ്ണി വ്യവസ്ഥിതിക്ക് അനുസരിച്ച് അവൻ ജീവിക്കുമ്പോ ഇപ്പോ സ്മൃതികളിൽ പറയുന്ന നിയമങ്ങളൊക്കെ അവൻ പാലിക്കുന്നു ഇപ്പൊ ഏകത്വം ഏകത്വം അവന് പാലിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ് ആത്മാവെല്ലാം ഏകമാണ് പക്ഷെ മനുഷ്യരുടെ ഏകത്വം ഇല്ല അപ്പൊ ഏകത്വം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഏകത്വം ആത്മാവിന്റെ ഏകത്വം കൊണ്ട് മനുഷ്യരുടെ ഏകത്വം ഇതസ്മൃതികളും അത് അംഗീകരിക്കുന്നുണ്ട് സമത്വം എന്ന് പറയുന്നത് തന്നെയാണ് സമം വ്യവഹാരം അതവൻ അങ്ങേയറ്റം സമത്വം പാലിച്ചെവിടെ പാലിക്കും ആ ബ്രാഹ്മണന്റെ അകത്ത് അവൻ സമത്വം പാലിക്കും ക്ഷത്രിവിനെ പോലും സമത്വം പാലിക്കാൻ പറ്റില്ല കാരണം നിയമം അനുസരിച്ച് ജീവിക്കണം അതിനാണ് ധർമ്മം എന്ന് പറയുന്നത് ഈ ധർമ്മം എന്ന് പറയുന്ന വാക്ക് ാണ് ബുദ്ധൻ ഉപയോഗിച്ചിട്ടുണ്ട് ധമ്മ അതുകൊണ്ട് അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ പറയുന്ന സ്മൃതികളിൽ പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് ഓരോ ജാതികളെയും പരസ്പരം അകറ്റുന്ന യോജിപ്പിക്കാത്ത നിയമ സംഹിതകളാണ് ധർമ്മം എന്ന് പറയുന്നത് ഇന്ന് ശൂദ്രസന്യാസിമാര് വ്യാഖ്യാനിക്കുമ്പോൾ ജനാധിപത്യമാണെന്നൊക്കെ പറയും അതൊക്കെ വെറുതെയാ എല്ലാം ജാതിക്കനുസരിച്ചാണ് സത്യത സത്യത്വം ആ സത്യത്വം എന്ന് പറയുന്നതും ഇത്രയേ ഉള്ളൂ സത്യം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഓക്കെ സമത്വം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ മനുഷ്യന്റെ കാര്യം വരുമ്പം അവ എൻ ഗ്രൂപ്പിൽ അവരവരുടെ ഗ്രൂപ്പുകളിലേ ഉള്ളൂ ഈ സത്യവും ഇതും മറ്റുള്ളവരുടെ അടുത്തതില്ല കാരണം മറ്റു മനുഷ്യരോട് വിവേചനം കാണിച്ചാൽ അതങ്ങനെ സത്യമാവും ഇപ്പൊ എന്താ സത്യംന്ന് പറയും തന്റെ ജാതിയിൽ അല്ലാത്ത വിവേചനം കാണിക്കാ സത്യമല്ലല്ലോ അസത്യം അല്ല പഴയ നിയമങ്ങൾ അനുസരിച്ചൊരിക്കലും ഇത് പറ്റില്ല പിന്നെ ഇതിനെയൊക്കെ അവരെങ്ങനെ വ്യാഖ്യാനിക്കും സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം സമതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഏകത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശീല സ്വഭാവം സസ്വഭാവം നല്ല സ്വഭാവം എന്ന് പറയുന്ന ആരോടെ കാണിക്കൂ സ്വന്തം ജാതിക്കാലത്ത് കാണിക്കും മറ്റുള്ളവരുടെ വിവേകനം കാണിച്ചാൽ നല്ല ശീലമല്ല മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്താൽ നല്ല ശീലമല്ല സ്ഥിതിരും ഇങ്ങനെ തന്നെയാണ് ബ്രഹ്മ ഓണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരോടുള്ള സ്ഥിരതയാണെങ്കിൽ ശരി മറ്റു മനുഷ്യൻ വരുമ്പോഴെല്ലാം മാറിപ്പോകും ദണ്ഡ നിധാനം അഹിംസ അതും അങ്ങനെ തന്നെ വിവേചനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഹിംസ ബ്രാഹ്മണന്റെ വിത്തോ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണന് അന്നത്തെ അവകാശങ്ങളാണ് സമ്പത്താണ് മറ്റുള്ളവരുടെ അടുത്ത് ഇതെല്ലാം ഇതൊന്നും പരിപാലിക്കത്തുന്നില്ല ആർജവം അത് ഒട്ടുമില്ലാത്തവരാണ് എന്തുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം വളച്ചുടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് സ്വന്തം താല്പര്യത്തിനുവേണ്ടി എഴുതി വെക്കുന്നവർക്ക് അങ്ങനെ ആർജവം നേരെ നേരെ പോകുന്നങ്ങനെ ചിന്തിക്കാൻ പറ്റും അപ്പോ സ്വന്തം എന്താണ് നിലനിൽപ്പിനും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നിടത്ത് അവരിൽ അത് ബാക്കിയുള്ളവരിലേക്ക് വരുമ്പോൾ അതൊന്നും ശരിയാകത്തു കൊണ്ടൊരിക്കലും ആർജവം എന്ന് പറയുന്നത് വരത്തില്ല എല്ലാവരെയും ആത്മസഹോദരമായി കാണാത്തിടത്തോളം കാലം മനുഷ്യരിൽ ആർജവം വരത്തില്ല അവൻ വേറെ ഞാൻ വേറെ ചിന്തിക്കുന്നിടത്തൊരിക്കലും ആർജവും വരത്തില്ല എൻ്റെ ഈശ്വരൻ്റെ സൃഷ്ടിയാണ് എല്ലാവരും മനുഷ്യരാണെന്നൊക്കെ പറയുകയും ചെയ്യും ഇത്തരം ആശയങ്ങൾ പൊതുവായി പറയും തനിക്ക് ഹിതമായത് മറ്റുള്ളവന് ഹിതാവണമെന്ന് പറയും പക്ഷെ അത് എവിടെ നടപ്പിലാവും സ്വന്തം ജാതിക്കാത്ത നടപ്പിലാവും അതൊക്കെ ധർമ്മം അതാണെന്ന് പറയും എന്താണ് ധർമ്മം തനിക്ക് മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്നൊക്കെ പറയും മഹാഭാരതത്തിലൊക്കെ പറയും ശേഷമാണോപു ആവാ കൃത്യമായ കാലം ഒന്നും പറയാൻ പറ്റും അകറ്റി നിർത്തുന്നവസ്ഥയെ കുറിച്ച് പറഞ്ഞു അതൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും ബുദ്ധൻ പറയും കുറച്ചു വരും പറയും വീണ്ടും ബുദ്ധൻ പറയും ഇതിന്റെ ഇടയ്ക്കുണ്ടാവും അതിന് മുമ്പ് ഇതിങ്ങനെ ഒരു ഒഴുക്കാണ് ഈ രണ്ട് ചിന്താധാരകളിങ്ങനെ ഒന്നുകൊണ്ടേതാദ്യം എന്നുള്ള പ്രശ്നമല്ലേ ഇത് ആദ്യം ഇടയ്ക്ക് ഇടകലർന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുതി വയ്ക്കുന്നതിൽ തന്നെ എന്റെയും വീണ്ടും മാറ്റങ്ങൾ വരുത്തും അപ്പൊ ആദ്യം ഉണ്ടെന്ന് തന്നെ ഇന്നതുപോലെ കിട്ടണമെന്നില്ല ഒന്നും ഇപ്പൊ മനസ്സിനോ ഏറ്റവും പുരാതനം ഒന്നിരിക്കട്ടെ ആദ്യം മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇന്ന് നമ്മളെ ഈ കിട്ടുന്ന പുരാതനം എന്ന് പറയാൻ പറ്റില്ല മാറിക്കൊണ്ടേ അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് സന്യാസം വിരുദ്ധമായ കാര്യങ്ങളാണ് ജരാമര്യവാദം ഭസ്മാന്തതാവാദം അന്ത്യേഷ്ഠി ഇതൊക്കെ കർമ്മജടന്മാർക്കാണ് വിദ്വാനെന്ത് ചെയ്യണം വിദ്വാനായ ബ്രാഹ്മണൻ സന്യസിക്കണം അതാണ് ജരാമര്യവാദോ ഭസ്മാന്തതാവാദോ അന്തേഷ്ട കർമ്മജടാവിശേഷത്വ പണ്ഡിതാൻ ആത്മതത്വ പണ്ഡിതന്മാരൊക്കെ സംബന്ധിച്ചെന്താണ് ആത്മതത്വത്തെ കുറിച്ച് അറിവുള്ളവരാണ് ആത്മതത്വ പണ്ഡിതം അവർ സന്യസിക്കുന്നു അവർക്ക് വിരക്തി ഉണ്ടാവുന്നു വിരക്തി ഉണ്ടാവുമ്പോ സന്യസിക്കുന്നതിന് എവിടെയൊന്നും സന്യസിക്കും ം അത് ശബ്ദാർത്ഥം അതുകൊണ്ട് എന്താണ് അതാതോ ബ്രഹ്മജിജ്ഞാസത്തിന്റെ വ്യാഖ്യാനമാണ് ഇത്രയും ദീർഘമായി പോയത് അതാന്ന് പറഞ്ഞ യഥാർത്ഥം അനന്തരം തസ്മാനന്ത അധശബ്ദാർത്ഥോ അതുകൊണ്ട് എന്താണ് അത് ശബ്ദത്തിന്റെ അർത്ഥം ഏതൊന്നും കൂടാതെ ഏതൊന്നും കൂടാതെ ബ്രഹ്മ ജിജ്ഞാസമുണ്ടാകത്തില്ല ഏതെന്നാന്ന് പറഞ്ഞതാണ് സാധനചതുയ സമ്പത്തി സാധനചതുഷ്ടയ സമ്പത്തി സാധനചതുഷ്ഠയ സമ്പത്തിയുണ്ടെങ്കിൽ ഒരാൾക്ക് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവൂ എന്നാണ് ഈ സംഘരാചാര്യ വാദം അല്ലെങ്കിൽ ഉണ്ടായാൽ ഇതുണ്ടായി കഴിഞ്ഞാൽ ഭവന്തി എന്ന് വെച്ചാൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും ശത്രുന്താണ് തീർച്ചയായും ഉണ്ടായിക്കൊണ്ടിരിക്കും ഭവത്യ ബ്രഹ്മജിജ്ഞാസ അവശ്യം സംഭവിച്ചു തന്നെ തീരുവന്നാണ് സാധന ചതുഷ്ടയാൽ അധികാരീരുമാധികാരി ആരാണ് ബ്രഹ്മ ജിജ്ഞാസ അത് അതില്ല ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈസ്യൻ മൂന്നുപേർക്കും ഉണ്ടാകാം ശങ്കരംഗീകരിക്കുന്ന കാര്യങ്ങൾ ജിജ്ഞാസുണ്ടാവാം ബ്രഹ്മജ്ഞാനവും ഉണ്ടാകാം ശൂത്രം വേണമെങ്കിലും ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈസ്യൻ ബ്രഹ്മജ്ഞാനം ആർക്കും ഉണ്ടാകാം പക്ഷേ എന്താണ് വ്യത്യാസം പറയുന്നത് ഉപനയനം ചെയ്ത് വേദാധ്യനം ചെയ്ത് വേദാധ്യയനം പൂർവകമായി ബ്രഹ്മജിജ്ഞാസക്ക് അധികാരി ഉള്ളവരാണ് ബ്രാഹ്മണൻ ക്ഷത്രി മൈഷ്യൻ മൂന്നുപേര് വേദം പഠിക്കാൻ അധികാരമുള്ളവര് അത് മനസ്സിലാക്കി അങ്ങനെ ഒരു ബ്രഹ്മ ജിജ്ഞാസക്ക് ശൂദ്രനധികാരം ഇല്ല എന്നുവെച്ചാൽ ബ്രഹ്മസൂത്രം പഠിക്കുന്നതിന് ശൂദനധികാരം കാരണം അത് വേദാധ്യനപൂർവകമായ ബ്രഹ്മവിചാരമാണ് വേദാധ്യനപൂർവകമായ ബ്രഹ്മവിചാരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോ അങ്ങനെയുള്ള വേദാധ്യനപൂർവകമായിട്ടുള്ള ബ്രഹ്മവിചാരത്തിന് ശൂദ്രന് അധികാരമില്ല ബ്രാഹ്മണൻ ക്ഷത്രിയും വേശ്യം മൂന്നുപേർക്കും അധികാരമുണ്ട് മനസിലായോ അല്ല അപ്പൊ പിന്നെ ശൂദ്രന്മാർക്ക് എങ്ങനെയാ ബ്രഹ്മ ജിജ്ഞാസുണ്ടാകുന്നത് പുരാണങ്ങളും മറ്റും കേൾക്കുമ്പോൾ അവന് ജിജ്ഞാസുണ്ടായി അതിന്റെ വിചാരത്തിലൂടെ ഗുരുക്കന്മാരുടെ സത്സംഗങ്ങളൊക്കെ കേട്ട് വേദം പഠിക്കാൻ പറ്റില്ല അവനും ബ്രഹ്മ ജിജ്ഞാസുണ്ടായി അവനും ജ്ഞാനമുണ്ടാകും ഉണ്ടായാൽ എന്തുപാടില്ല ഉം സന്യസിക്കാൻ പാടില്ല പിന്നെ പിന്നെ എത്ര തവണ ഞാൻ പറഞ്ഞാണ് അത് ഗുരുവാകാൻ പാടില്ല വേറെ ആർക്കും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റില്ല മനസിലായ ഗുരുവാകാൻ പാടില്ല അവിടെയൊക്കെ വരുമ്പോ ശരിയായ ചാതുർപരണ വ്യവസ്ഥിതി തന്നെ വരും അവിടെയൊക്കെ എന്താണ് ജന്മം കൊണ്ടുള്ള ജാതിക്കനുസരിച്ച് പറ്റും അല്ല ഈ കർമ്മം കൊണ്ട് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് ജാതി എന്ന് ഈ പൊട്ടൻ സൂദ്രസന്യാസിമാര് പറയത്തില്ല ഏ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കി പിന്നെ വിതരണക്കെന്തുകൊണ്ട് ദുരുവായൂ കൂടാ വിതരൽ ജ്ഞാനില്ലേ ജ്ഞാനമാണ് ബ്രാഹ്മണ്യമെങ്കിൽ വിതരന് ഗുരുവായൂകൂടി പറ്റൂ പറ്റും പക്ഷെ അത് പാടല്ലെന്നാണ് ഇവിടെ പറയുന്നത് മഹാഭാരതത്തിൽ പറയുന്ന ശങ്കരായീകരിക്കുന്ന കാര്യമാണ് കാസർഗോഡ് ഈദ്രമാരുടെ ധർമ്മരക്ഷ ഇവിടെ വരാണെങ്കി ചോദിക്കണം പിടിച്ചു നിർത്തി ചോദിക്കണം ഏഹ് ഏഹ് അപ്പൊ ഈ കാര്യം ചോദിക്കണം ആരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം വെച്ച് ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് ഒരുത്തന്നു അതിന് ആം പേരുള്ള കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല ഒരുത്തനും വരത്തില്ല ഉറപ്പാണ് ഒരു കാവ്യകാരനും വരത്തില്ല ഒരു ഗിരിയും ഒരു കുരിയും വരത്തില്ല ആ കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ എന്തെങ്കിൽ പറയേണ്ടി വരും എന്താണോ ഞങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നേ ഇല്ല ഞങ്ങളുടെ വേറെ സന്യാസമാണെന്നു ഞാൻ ഓക്കെ അത് നിങ്ങളുടെ സന്യാസമാണോ പറയണെങ്കിൽ എന്താണോ അത് ശെരിയായിട്ട് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഏ ഞാനിപ്പോ എന്താ പറഞ്ഞത് ഗുരു ഗുരുതാൻ പാടില്ല അത്ര തന്നെ ഞാൻ പറഞ്ഞു പിന്നെ അത് ആവശ്യമുണ്ടാകാത്ത ചോദ്യം എന്തിനാ ചോദിക്കുന്നു പ്രബലമാക്കി പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഞാനെന്ത് പറഞ്ഞെന്ന് മനസ്സിലായില്ലേ പിന്നെന്താ സംശയം ഇതാണ് ഞാൻ പറഞ്ഞത് ഗുരുവാകാൻ പാടില്ല സന്യാസവും ആര് പറയുന്നു ഇവിടെ അരിപ്പുറത്തെ ഈ ശിവലിംഗം അല്ലെങ്കിൽ ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഗുരു പ്രഖ്യാപിക്കുന്നില്ല പ്രതിഷ്ഠ പോലെയുള്ള സംഭവം നടന്നതിന് ശേഷമാണ് ലോകം അറിയുന്നത് കാരണം അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗുരുവിനെ ഇല്ലാതാക്കി അന്ന് ഇത് ഇന്നിപ്പോ ഇതൊരു വലിയ സംഭവമായിട്ട് ചർച്ച ചെയ്യുന്നെങ്കിലും അന്ന് അരിപ്പുറത്ത് ഒരു കാടല്ലേ ആ കാട്ടിന്റെ ഇടയ്ക്ക് അവിടെയുള്ള ചുരുക്കം കുറച്ച് മനുഷ്യർ ഓടിച്ചേർന്നൊരു പരിപാടി ചെയ്യുന്നു അന്ന് ഇതൊന്നും ഈ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നതിനൊന്നും അന്നൊരു പ്രസക്തി ഇല്ല അതൊരു സ്വകാര്യമായി ചെയ്ത ഒരു കാര്യം ശരി രാജാധികാരമുള്ള സമയത്ത് സമയത്തല്ലേ ഗുരു ഈ പ്രതിഷ്ഠയൊക്കെ നടത്തി പ്രഖ്യാപിക്ക എവിടെ കൊണ്ടിട്ട് പ്രഖ്യാപിക്കാൻ ആ കാട്ടിന്റെ അകത്ത് ആരടുത്ത് പ്രഖ്യാപിക്കേ എന്താ പറയുന്നേ പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞ അന്ന് എസ് എൻ ഡി പിന്നില്ല രഹസ്യമൊന്നുമല്ല അന്ന് രഹസ്യവും പരസ്യവും ഒന്നുമില്ല ഒരു കാട്ടിൻറെ അകത്ത് കുറച്ചും ഗുരു അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അത് പ്രഖ്യാപിക്കാമെന്ന് വിളംബരം ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അതിന് പിൽക്കാലത്താണ് അതിന്റെ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാവും അന്ന് ഗുരു ഒരു കാര്യം ചെയ്തു അത്രയല്ല ഇവിടെ കൊണ്ടുപോയി പ്രഖ്യാപിക്കുക അവിടെ മനുഷ്യർ ആരെങ്കിലും ഇതായി പറയുന്നു അന്ന് എങ്ങനെയാ പ്രഖ്യാപിക്കുന്നു അന്ന് പ്രഖ്യാപനം എന്ന് പറയുന്നതിനൊന്നും പ്രസക്തിയില്ല ഗുരുവിന് ഇങ്ങനെ ഒരാശയം തോന്നി ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുന്നു ാണ് പറയുമ്പോ ഗുരുവിന് അതൊക്കെ പല കാര്യങ്ങളും പിൽക്കാലത്തുണ്ട് അന്നത്തെ കാര്യം പറയും പിന്നെ പിൽക്കാലത്ത് കാര്യം പറയുന്നു അത് ആ കാര്യമല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് സന്യാസത്തിന്റെ കാര്യം ഗുരുവിന് ഗുരുന്ന് പറയാൻ പറ്റില്ല ഗുരുവിനെ പറയാൻ പറ്റില്ല ഗുരുവിന് ആത്മജ്ഞാനം ആത്മജ്ഞാനിയാകാം പക്ഷെ ഉപദേശിക്കാൻ പറ്റില്ല വിദേ പറഞ്ഞ അതനുസരിച്ചാണെങ്കിൽ സനാതനധർമ്മത്തേതാ പറയുന്നത് പിന്നെ ഇന്നുള്ളവര് അതിനെയൊക്കെ തള്ളിക്കളയാണെങ്കിൽ ശരി ഇത് നിങ്ങള് പറയുന്ന സനാതനധർമ്മമല്ല കാലികമായ ധർമ്മമാണെന്ന് പറയേണ്ടി വരും ഇന്നത്തെ ധർമ്മമാണ് പ്രചരിപ്പിക്കുന്നത് അത് ശരി അപ്പൊ അങ്ങനെയാണെന്നൊരു സംശയം തുടങ്ങുമ്പോ ഉം അപ്പം ല്ലോ അങ്ങനെന്താ അത് ഞാൻ പറയുന്നതായിട്ട് എന്താ ബന്ധം അധികാരിയായിരിക്കുന്നത് ഓതുകാന്ന് പറയുന്ന ഏത് സംസ്കൃതം മലയാളം ഓതുക എന്ന് പറയുന്ന ഏത് ഭാഷ സംസ്കൃത മലയാളം സംസ്കൃതത്തിൽ ഓതുക എന്നുണ്ടോ മലയാളം ഏതാ ഓതുക എന്ന് പറയുന്ന ഏത് ഭാഷ ആ അത് പറഞ്ഞു വേദത്തിപ്പൊന്നെ അത് ഈ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്ക സന്യാസം എന്ന് പറയുന്നത് ചെയ്യുന്നത് ഓതു നില് പോകുന്നെങ്കിൽ അത് ഇതുമായിട്ടെന്താ ബന്ധം അപ്രസക്തമായ കാര്യങ്ങളാ പരസ്പരം കൂട്ടിക്കെട്ടാതെ എന്തോന്ന് ശ്രേണി ഇവിടെ പറയുന്ന കാര്യം സന്യാസത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സന്യാസത്തെ കുറിച്ച് വന്നപ്പോ ശങ്കരായരുടെ അഭിപ്രായം എന്താണ് അതാണ് ഇവിടെ പറയുന്നത് അപ്പോ വിദരൻ ചോദ്യം ചോദിച്ച ഉത്തരവായിട്ടാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈസ്യൻ ഈ മൂന്ന് കൂട്ടർക്കും എന്താണോ ജ്ഞാനത്തിന് അധികാരമുണ്ട് ശൂത്രം വേണ്ടി വന്ന ജ്ഞാനത്തിന് അധികാരമുണ്ട് ശങ്കരായ നിഷേധിക്കുന്നില്ല അത് അവശൂത്രാധികത്തിൽ തന്നെ പറയുന്നുണ്ട് വിദരന്റെ ഉദാഹരണവും പറയുന്നുണ്ട് അതിന് കാരണവും അവർക്ക് പൂർവ്വ ജന്മത്തിലെ സുഹൃതം കൊണ്ട് എന്ത് ചെയ്തു ഈ ജന്മത്തിൽ ആയി ജനിച്ചെങ്കിലും അവർക്ക് ജ്ഞാനത്തിന് അധികാരമുള്ളൂ മനസിലാവേ അത്ര അംഗീകരിക്കുന്നു പക്ഷെ ഗുരുവായിരിക്കാൻ ആർക്കേ അധികാരമുള്ളൂ ബ്രാഹ്മണന് ബ്രാഹ്മണന് മാത്രേ അധികാരമുള്ളൂന്ന് ശങ്കരാചാര്യവിടെ പറയുന്നു ചാന്ദ്രിയ വൻഷത്തിന്റെ ഭാഷ മനസിലായ ചന്ത ഗുരുവായിരിക്കാൻ അത് വളരെ വിചിത്രമായൊരു സംഗതി ബൃഹധാന്യത്തിൽ അത് വരും ക്ഷത്രിയനായ രാജാവ് ബ്രാഹ്മണന്റെ അടുത്ത് ക്ഷത്രിയനായ രാജാവിന്റെ അടുത്ത് ബ്രാഹ്മണൻ ഉപദേശത്തിന് വേണ്ടി രാജാവ് എന്താണ് രാജാവ് ക്ഷത്രിയൻ രാജാവാണ് ഉപദേശിക്കുന്നത് ക്ഷത്രിയനാണ് ചെല്ലുന്നായാലും ബ്രാഹ്മണൻ ഇവിടെ ശങ്കരാചാര്യ എഴുതി വച്ചിരിക്കുന്നു ഇവിടെ ഇപ്പൊ ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ ഉപദേശത്തിന് വേണ്ടി ചെന്നു അപ്പൊ അവിടെ ആരാണ് ശിഷ്യൻ ബ്രാഹ്മണ ശങ്കരാ അങ്ങനെ ചെന്നാലും ഇവിടെ ഗുരുവാരാണ് ബ്രാഹ്മണൻ തന്നെയാണ് അതെങ്ങനെയാകും ഉപദേശിക്കാൻ ഗുരുവായിട്ടില്ല പഠിക്കാൻ ചെന്ന ബ്രാഹ്മണനാണ് ആര് ഗുരു ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ബ്രാഹ്മണന്റെ ഏറ്റവും വിത്തമായിട്ട് എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ആർജവം ഇത് വ്യാഖ്യാനിച്ച് ശങ്കരാചാരത്തെ ആർജവം ഉണ്ടാ നേരെ പോകാൻ നേരെ പോകുന്ന മനസ്സുണ്ടാ സാറിന് ഗുരു എന്ന് പറയുന്നു പറഞ്ഞു കൊടുക്കുന്ന ശിഷ്യൻ എന്ന് പറയുന്ന ആരാണ് പഠിക്കുന്ന ആളുമാണ് ഇവിടെ പറയുന്നു ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട് ശിഷ്യനായിരിക്കും ശിഷ്യനാണ് ഗുരു ഇവരെ പറഞ്ഞു കൊടുത്ത ക്ഷത്രിനാരായി അങ്ങനെയാ നമ്മള് കരുതേണ്ടി കരുതേണ്ടി വരുന്നത് ജാതിക്ക് വേണ്ടിയിട്ട് ഇത്രയും വക്രത കാണിച്ച ആളാണ് ആര് ശങ്കരാചാര്യ ഇത്രയും വക്രത കാണിച്ച ആളാണ് മനസിലായ അവിടെ ബ്രാഹ്മണരിൽ നിന്നാണ് വിദ്യ സ്വീകരിക്കുന്നത് എന്നൊക്കെ മനുഷ്യത്തിൽ പറയുന്നുണ്ട് അതൊക്കെ ശരിയല്ല പക്ഷെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചപ്പോ ഇങ്ങനെ വ്യാഖ്യാനിച്ചു അപ്പോ ശൂത്രൻ ഞാനിയായാലും ഗുരുവാകാൻ പറ്റില്ല എന്ന് പറയുന്ന ആളാണ് ശങ്കരാചാര്യ ഇനി സന്യാസത്തിന്റെ കാര്യം ബ്രാഹ്മണാനാമേവ വിധാനി അധികാരം ബ്രാഹ്മണർക്ക് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂന്നും തറപ്പിച്ചങ്ങ് പറഞ്ഞു ആര് പറഞ്ഞു ശങ്കരായു ബ്രധാരണത്തിന്റെ ഭാഷ ബലധാരണ്യം മൂന്ന് അഞ്ച് ഒന്ന് എന്റെ ഭാഷത്തിലാ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ സന്യാസിക്കാൻ അധികാരമുള്ളൂ ഇത് പറഞ്ഞ ശങ്കരാചാര്യവർ അംഗീകരിക്കൂ ഇവിടുത്തെ സൂത്ര സന്യാസികൾ അംഗീകരിക്കും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞേ പറ്റൂർക്ക് പരിപ്രജനത്തിനും ബ്രാഹ്മണനെ അധികാരമുള്ളൂ എന്നുള്ളത് അതിന് ഒരു എന്താണ് ക്രൂക്കഡ്നസ് ആണ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന് അവൻ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം മുതൽ അവൻ ഒരുപാട് പ്രിവിലേജുകളാണ് ജനിച്ചുകഴിഞ്ഞാൽ അവൻ ചില ചടങ്ങുകളൊക്കെ ചെയ്യാം മറ്റുള്ള എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അവന് ഉള്ള പ്രത്യേകതെന്ന് വെച്ചാൽ അവന് പ്രത്യേകിച്ച് ഭിക്ഷയും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവന് പ്രത്യേക അവകാശങ്ങളാണ് ക്ഷത്രിനേയും ഐശ്വര്യയും പോലെ അല്ല ബ്രാഹ്മണന് ആദ്യം കൊടുക്കണം അത് കഴിഞ്ഞ് ബ്രാഹ്മണന് ഗൃഹസ്ഥാശ്രമം അവിടെ അവന് പൂജിക്കണം ബ്രാഹ്മണനെ മറ്റുള്ളവരെല്ലാവരും പൂജിക്കണം ബ്രാഹ്മണവും മമ ദൈവതും ബ്രാഹ്മണനാണ് ദേവൻ ഭൂസുരനാണ് ഭൂമിയിൽ ജനിച്ച ദേവനാണ് ബ്രാഹ്മണൻ അപ്പോ ബാല്യം മുതലെ അവന് പൂജയുണ്ട് അപ്പോ അവനെ കൊണ്ട കർമ്മങ്ങൾ ചെയ്യിക്കുക വേറെ ആർക്കും കർമ്മം ചെയ്യാൻ പാടില്ല പുരോഹിതനാകാൻ അവനെ അവകാശം ഗുരുവാകാൻ അവനെ അവകാശമുണ്ട് മനസ്സിലായ അപ്പോ ബ്രാഹ്മണൻ്റെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ബ്രാഹ്മണന് മാത്രമേ ഗുരുവാകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ശങ്കരാചാര്യ ചണ്ടാലോസ്തു ദ്ജോസ്തു ഗുരു ദേഷാമ അനീഷാമമാെഴുതു അനീഷാമെ ശങ്കരാഴുതു കാരണം ശങ്കരാ ഭാഷ പറഞ്ഞിരിക്കുന്നു ഗുരുവാകുന്നത് ബ്രാഹ്മണനായി പിന്നെ ചണ്ടാളനായി കൊള്ളട്ടെ ദൈവനായിക്കോട്ടെ എന്റെ ഗുരുവെന്ന് ശങ്കരാചര് എങ്ങനെ എഴുതുന്നത് ഒരു പാട്ട് എഴുതുന്നതിന് അവർക്കും ശങ്കരാചാര് എഴുതിയല്ല ശങ്കരായർക്കത് എഴുതാൻ പറ്റില്ല ഇങ്ങനെ ശങ്കരചർബന്ധം പഠിക്കുന്നുണ്ട് ചൂതരൻ്റെ ഗുരുവാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചണ്ടാറിനെ എങ്ങനെ ശങ്കരാചാര് ഗുരുവെന്ന് പറഞ്ഞു അപ്പൊ ഈ ഭാഷ എഴുതിയ ഭാഷ എഴുതിയ ഭാഷ എഴുതിയത് ശങ്കരാചാര് ആണെങ്കിൽ മനീഷാ വഞ്ച എഴുതിയ ശങ്കരാചാരല്ല പിന്നെ സന്യാസത്തിന് പ്രത്യേകം പറയുന്നത് എന്താണോ അധികാരി ബ്രാഹ്മണൻ മാത്രമേ അധികാരവും വേറെ ക്ഷത്രിയും മേശൻ ചോദ്യം ഇതൊക്കെ ശങ്കരായ വെറുതെ അങ്ങ് പറയല്ല മനസ്ഫൂർ ചെയ്ത് ബ്രാഹ്മണന്റെ സന്യാസത്തെ കുറിച്ചേ പറയുന്നുള്ളു ക്ഷത്രിയന്റെ സന്യാസം പറയുന്നില്ല ഇവിടെ ബ്രാഹ്മണൻ എങ്ങനെ സന്യാസിക്കണമെന്നാ പറയ പിന്നെ പഴയകാലത്ത് ക്ഷത്രിയന്മാര് സന്യാസിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അത് ശരിയാണ് ശങ്കരായ കാര്യം പറയണം ശങ്കര പരമ്പര എന്നാണ് അവരൊക്കെ പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം പറയാണ് ശത്രിയമാരൊക്കെ പണ്ട് അന്വേഷിച്ചിട്ടുണ്ട് രാജ്യഭരണം ഉപയോഗിച്ച് വനത്തിൽ പോയിട്ടുണ്ട് അതും മറ്റൊരു കാര്യം പക്ഷേ ശങ്കരാചാരത് അംഗീകരിക്കുന്നു ശങ്കരാചാര്യ പറയുന്നത് പരിപ്രാജ്യം അതിന് ബ്രാഹ്മണനാണോ അധികാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണോ ഈ വാസിഷ്ടം അവരെ അവരദ്വൈതം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അവരദ്വൈതം അംഗീകരിക്കുന്നില്ല അദ്വൈതത്തെ അംഗീകരിക്കാത്തവരിങ്ങനെ വാതിഷ്ടത്തെ അംഗീകരിക്കും അദ്വൈതത്തെ അംഗീകരിക്കാത്തവർ വാതിഷ്ടത്തെ എങ്ങനെ അംഗീകരിക്കും അപ്പൊ അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നിടത്ത് ശങ്കരചരണ നിർബന്ധങ്ങൾ ഇതൊക്കെയാണ് സന്യാസിക്ക് സന്യാസിക്കാൻ ബ്രാഹ്മണനെ അധികാരമുണ്ട് ഗുരുവാകാൻ ബ്രാഹ്മണനെ അധികാരമുണ്ട് വേദാധ്യയനത്തിന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് വോട്ടർക്കും അധികാരമുണ്ട് ജ്ഞാനത്തിന് എല്ലാവർക്കും അധികാരമുണ്ട് പക്ഷേ വേദാധ്യനപൂർവകമായ ജ്ഞാനത്തിന് ശൂദ്രൾക്ക് അധികാരമില്ല ഇത്രയാണ് ശങ്കരായ പ്രത്യേകതകൾ അപ്പോ പഴയകാലത്ത് പുരാണങ്ങളിലൊക്കെ ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല പ്രശ്നം അതൊക്കെ കാണും ശങ്കരായ നിലപാട് പറയുന്നു പുരാണങ്ങളുടെ ശൂദ്ര സന്യസിച്ചതിന് ഉദാഹരണം കാണും ബ്രാഹ്മണനും ക്ഷത്രിയനും മൈസ്യനുമൊക്കെ സന്യസിച്ചതിനുദാഹരണം കാണും അതെല്ലാം കാണും കാവ്യങ്ങളിൽ കാണും ക്ഷത്രിയ സഞ്ജീന അതെല്ലാം വരും പക്ഷെ ശങ്കരാചാര്യരുടെ നിലപാട് ഇതൊക്കെയാണ് അവനൂടെ ചർച്ച ചെയ്യുന്നു ശങ്കരാചാര്യർ ആ നിലപാടെടുക്കാൻ പ്രധാനമായ കാരണം മനുസ്മൃതി പോലുള്ള സ്മൃതികളാണ് ശങ്കരാചാര്യ സ്മൃതികൾക്ക് മനുസ്മൃതിക്ക് അങ്ങേയറ്റാത്ത പ്രാധാന്യം കൊടുത്തയാളാണ് മനു എന്തു പറഞ്ഞോ അത് മരുന്നാണ് സംസാരോഗത്തിന്റെ മരുന്നെന്നാണ് ശങ്കരായത് മനുവിനെ കൈവിട്ടൊരു കളിയില്ല ശങ്കരായ അഞ്ചാറ് സ്ഥലത്ത് മനുവിനെ ആവർത്തിക്കുന്നുണ്ട് ശങ്കരായ സ്തുതിക്കുന്നുണ്ട് ഫോട്ട് ചെയ്യുന്നുണ്ട് മനുവിന്റെ ആ ലൈനിലാണ് ശങ്കരായ ഗൗതമ സ്മൃതി പിന്നെ ഇതൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് പറയുന്ന സിദ്ധാന്തത്തിൽ തന്നെ ശങ്കരായു പറയുന്നത് എന്താണ് തത്വജ്ഞാനം ഉണ്ടായാൽ സന്യസിച്ചു എന്ന് തീർന്നു ജ്ഞാനകർമ്മം പർവ്വത അകമ്പ്യവും ജ്ഞാനവും കർമ്മവും വളരെ വിരോധം ജ്ഞാനം വന്നാൽ എന്തു ചെയ്യണം കർമ്മങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത് ശങ്കരായർക്ക് വലിയ നിർബന്ധമാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സൂത്രനും ജ്ഞാനം പക്ഷേ ബ്രാഹ്മണന് മാത്രമേ കർമ്മ ഉപേക്ഷിക്കാൻ പറ്റൂ അപ്പൊ സിദ്ധാന്തത്തിന് വിരോധമായി അപ്പോൾ ക്ഷത്രിയനും വൈശ്യന് ചൂത്തനും എന്തു ചെയ്യും അവന് ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ അപ്പൊ ജ്ഞാനം വന്നാ കർമ്മ ഉപേക്ഷിച്ചണോന്ന് ശങ്കരാ പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാ പറയുന്നത് ജ്ഞാനം വന്നാ ബ്രാഹ്മണൻ കർമ്മ ഉപേക്ഷിച്ചു എന്നാ അപ്പൊ ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമെന്ന് പറഞ്ഞാല് അർത്ഥമില്ലാതെ കാരണം സൂത്രത്തിൽ എന്ത് ചെയ്യാം ഞാനും ഇരിക്കാം കർമ്മം ഇരിക്കാം അവിടെ വിരോധമില്ല വിരോധം ഉള്ളതുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ശങ്കരായ സിദ്ധാന്തത്തിൽ തന്നെ ഈ ചാതുർ പിടിച്ചുകൊണ്ട് സിദ്ധാന്തത്തിൽ തന്നെ കുഴപ്പങ്ങളുണ്ട് അവര് ദോഷങ്ങളുണ്ട് പരസ്പര വിരോധമായ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ല ശങ്കരായ സിദ്ധാന്തം തന്നെ ശെരിയല്ല ഞാനമ്മ കർമ്മം ഉപേക്ഷിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വൈദ്യ കർമ്മം വൈദികർമ്മം എന്ന് പറയുന്ന ഗ്രാഹ്മണനും ക്ഷത്രിയും മൈസ്യനുമുണ്ട് ശൂത്ര ശുദ്ധന് സ്മാർത്ത കർമ്മങ്ങളുണ്ട് അത് ഉപേക്ഷിക്കണം എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കും കാരണം ഭിക്ഷാഞ്ചരിയും ജലം ചെയ്യുന്നതാണ് ഭിക്ഷ മാത്രമേ പാടുള്ളൂ വേറെ ഒരു കർമ്മവും പാടില്ല വേദാധ്യയനം ഉപേക്ഷിക്കുന്നുണ്ട് എല്ലാം ഉപേക്ഷിക്കണം പക്ഷെ ഇതൊക്കെ ഉപേക്ഷിക്കണം ഖ്യാനാവണം ബ്രാഹ്മണനാവണം അപ്പൊ ബാക്കിയുള്ളവർക്ക് ജ്ഞാനം വന്നാൽ എന്ത് ചെയ്യും അവിടെ സംഗ്രഹരാഗക്കുഴപ്പത്തിലാവും സംഗ്രഹാരാഗ വിഷമിക്കൊന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം കർമ്മം ഉപേക്ഷിക്കണ്ടെന്ന് പറയും അപ്പം ജ്ഞാനം വന്നാ കർമ്മം തെറ്റിദ് പറയുന്ന സിദ്ധാന്തത്തിന് വിരോധം വരും ശങ്കരാചാര്യ തന്നെ ഈ ജാതിക്കനുസരിച്ച് ഇതൊക്കെ വ്യാഖ്യാനിച്ച് മഹാ കുഴപ്പത്തിൽ ചന്തയാടി ചാടിയിരിക്കുന്നു ഇതൊന്നും മനസിലാക്കാതെയാണ് ഇവിടെ കുറേ സൂത്രന്മാർ കാവ്യം എടുത്ത് മുട്ടയടിച്ച് സനാതനധർമ്മം പറഞ്ഞു ഇവർക്ക് ശങ്കരായരുടെ തള്ളിക്കളയണ്ടി വരും ഉറപ്പായിട്ടു മനസിലായ സനാതനധർമ്മം എന്നൊക്കെ പറയാം ഈ പറയുന്നതിനൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉദാഹരണങ്ങൾ കിട്ടും ശുദ്ര സന്യാസിന് ഉദാഹരണം കിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ ശങ്കരായരുടെ കൂട്ടുപിടിക്കാൻ പറ്റില്ല ബ്രഹ്മവാദിനികളായ സ്ത്രീകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ശങ്കരായു പറയുന്നുണ്ട് ബ്രഹ്മവാദിനികളായ സ്ത്രീകൾ അത് ശങ്കരായീകരിക്കുന്നുണ്ട് പക്ഷെ വേദാധ്യയനം സന്യാസം തുടങ്ങിയ കാര്യങ്ങളും പറ്റില്ല നടക്കത്തില്ല പിന്നെ സ്വാമിമാരിങ്ങനെ ധർമ്മപ്രചരണം നടത്തുന്നെങ്കിൽ നടത്തിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല കാരണം സ്വാമിമാർക്ക് ഒരു ജോലി വേണമല്ലേ അതുകൊണ്ട് അവർ നടക്കോട്ടെ പിന്നെ എന്താണ് ആൾക്കാരൊന്നും ഇതാരും അവരടുത്ത് ചോദിക്കാൻ പോകുന്നില്ല ആൾക്കാർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല പിന്നെ അവര് എന്താണ് പറയുന്ന ഇതായി ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം നമ്മള് ഉപയോഗിച്ച് നിൽക്കണം നമ്മുടെ ശത്രുക്കളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ യോജിപ്പിക്കാനുള്ള ഒരു രീതി ആയിരിക്കും അതൊക്കെ ചെയ്തോട്ടെ അതവരുടെ ഇതാണെങ്കിൽ കുഴപ്പമൊന്നും ആൾക്കാരുടെ പരസ്പരം വിദ്യ വിഷം ഉണ്ടാക്കാതിരുന്നാൽ ഉണ്ടാക്കിയ ഇവരൊക്കെ തന്നെ അനുഭവിക്കും വിദ്യ വേഷം ഉണ്ടാക്കാതെ എന്തെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ മ് mm.